അവർക്ക് നീ പുറത്തു കൊടുക്കാനായി ഞാൻ ഓരോ തവണ അവരെ വിളിക്കുമ്പോഴും അവർ തങ്ങളുടെ വിരലുകൾ ചെവികളിൽ വയ്ക്കുകയും വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മറയ്ക്കുകയും ചെയ്തു അവർ തങ്ങളുടെ വാശിയും അഹങ്കാരവും വർദ്ധിപ്പിച്ചു